െ പ്രിയവരെയും ഈ വെള്ളിയാഴ്ചയും നമുക്ക് ദൈവോചന പഠനത്തിനായിട്ട് ഇങ്ങനെ ഒരു സമയം ദൈവം തന്നല്ലോ നമ്മൾ അമത്തായി എഴുതിയ സുശേഷം അതിന്റെ പതിനാല് വരെയുള്ള അധ്യായങ്ങൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു പതിനഞ്ചാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഇതാ കർത്താവിൻ്റെ അടുത്തേക്ക് പതിനഞ്ചാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങളിൽ കർത്താവിൻ്റെ അടുത്തേക്ക് എരിശിലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും വന്നിട്ട് കർത്താവിനോട് പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് കാണുന്നത് നേരത്തെ തന്നെ ഈ യഹൂദാ മതത്തിൻ്റെ ആ നിലയിലുള്ള ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് അവരെ അടു സംസാരിച്ച് അവരെ ആ നിലയിൽ അകറ്റി നിർത്തിയിരുന്നതാണ് പക്ഷേ പിന്നെയും പിന്നെയും അവർ കർത്താവിൻ്റെ അടുത്ത് വന്ന് പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ നമ്മളിവിടെ കാണുന്നത് അവർ അവരുടെ മതത്തിൻ്റെ കേന്ദ്രമായ ഇരിശിലേമിൽ നിന്ന് തന്നെയാണ് ഇത്തവണ ചില പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നത് എന്നിട്ട് അവർ ചോദിക്കുന്നു അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നു നിന്റെ ശിഷ്യന്മാർ എന്തിനാണ് പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്നു വെച്ചാൽ നമ്മുടെ പാരമ്പര്യം നമ്മുടെ ട്രഡീഷൻ ലംഘിക്കുന്നത് എന്ത് എന്നാണ് ചോദിക്കുന്നത് രണ്ടാമത്തെ വാക്യം മത്തായി പതിനഞ്ചിൻ്റെ രണ്ട് പക്ഷേ കർത്താവ് അതിന് പറയുന്ന മറുപടി കർത്താവ് അവരോട് തിരിച്ച് ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ട്രഡീഷൻ കൊണ്ട് നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നതെന്ത് കണ്ടോ ഇന്നും ഇന്നും പലരും സംഘടിത ക്രിസ്തീയ മതങ്ങളിലുള്ള പല ആളുകളും അല്ലെങ്കിൽ പൗരോഹിത്യസഭയിലുള്ള പല ആളുകളും അവരെ വിശ്വാസികളോട് ചോദിക്കുന്നത് നിങ്ങളെന്തിനാണ് ക്രിസ്ത്യാനികളുടെ വർഷങ്ങളായിട്ടുള്ള ആ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അവരോട് ചോദിക്കാനുള്ളത് കർത്താവ് ചോദിച്ചതുപോലെയാണ് നിങ്ങൾ ആ പാരമ്പര്യം പാരമ്പര്യമുണ്ട് തീർച്ചയായിട്ടും ആ ട്രഡീഷനുണ്ട് ആ സമ്പ്രദായമുണ്ട് പക്ഷേ ആ സമ്പ്രദായം കൊണ്ട് ദൈവകൽപ്പന പാലിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് തിരിച്ച് നമുക്ക് ചോദിക്കാവുന്നത് കർത്താവ് അപ്പോൾ എന്താ ചെയ്തേക്കുന്നത് പാരമ്പര്യത്തിന് മുകളിലാണ് ദൈവകൽപ്പനയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കും പാരമ്പര്യത്തിനുപരിയായിട്ട് ദൈവകൽപ്പനയെ അതിനെ പാലിക്കുന്നതിന് നമുക്ക് ഊന്നൽ നൽകാം നമ്മൾ പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ കർത്താവ് അതിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്നില് കർത്താവ് ഒരു പ്രസ്താവന നടത്തുന്നു സ്വർഗസ്ഥനായ പിതാവ് നട്ടിട്ടില്ലാത്ത തയ്യൊക്കെയും വേരോടെ പറഞ്ഞു പോകും എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് ഈ കാര്യം ഒരു ആത്മീയ പ്രമാണമായിട്ട് നമുക്കെടുക്കാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ നല്ല ചില ആശയങ്ങൾ മനസ്സിൽ വന്ന് ചിലത് ചെയ്യാനായിട്ടൊക്കെ നമ്മളായിട്ട് തന്നെ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ തയ്യെ സ്വർഗസ്ഥനായ പിതാവാണോ നട്ടിട്ടുള്ളത് അതായത് ഈ ആശയം ദൈവത്തിൽ നിന്നാണോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണോ എന്ന് നമ്മൾ പരിശോധിക്കണം എന്നാണ് ഈ മറ്റേ പതിനഞ്ചിൻ്റെ പതിമൂന്നിലെ കർത്താവ് പറഞ്ഞ ഈ പ്രമാണം നമുക്ക് പ്രായോഗികമായിട്ട് നമുക്ക് എടുക്കാവുന്നത് ഈ നിലയിലാണ് സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ അത് എത്ര നല്ല തയ്യാണെന്ന് തോന്നിയാലും അതൊക്കെ ഈ വേരോടെ പറഞ്ഞു പോകും എന്നാണ് ഇവിടെ പറയുന്നത് ഇന്ന് ക്രിസ്തീയ ലോകത്ത് പ്രത്യേകിച്ചും വിശ്വാസ ലോകത്ത് പലരും നല്ല പല ആശയങ്ങളും തങ്ങൾക്ക് തോന്നി അതിൻ്റെ തെറ്റൊന്നുമില്ല നല്ല പല കാര്യങ്ങളുമാണ് പക്ഷെ അവരെ അങ്ങ് ഇറങ്ങി എന്നാൽ ഇത് ആരംഭിക്കേണ്ടത് എവിടെയാണ് ദൈവത്തിലാണ് ആരംഭിക്കേണ്ടത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ അതിനുള്ള ഭാരം തരുമ്പോഴാണ് നമ്മൾ അതിനായിട്ട് ഇറങ്ങി ബൈബിളിലെ ആദ്യത്തെ വചനം തന്നെ അങ്ങനെയാണല്ലോ നമ്മൾ നോക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് അപ്പൊ ആദിയിൽ ദൈവം അപ്പൊ തുടക്കം ദൈവത്തിലായിരിക്കണം ഏത് നല്ല പ്രവർത്തിയുടെയും തുടക്കം ദൈവത്തിലായിരിക്കണം ദൈവികമായ ഒരു പ്രവർത്തിക്കായിട്ട് നമ്മൾ ഒരിടത്ത് പോകണമെന്ന് നമുക്കൊരു തോന്നലുണ്ടായാൽ അത് സത്യത്തിൽ ദൈവത്തിൽ നിന്ന് തന്നെയാണോ എന്ന് നമ്മൾ ശോധന ചെയ്യണം കർത്താവിയുടെ പറയുന്നു എന്നിൽ നിന്നല്ലാത്ത അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നട്ടിട്ടില്ലാത്ത തയ്യൊക്കെയും വേരോടെ പറഞ്ഞു പോകും നമ്മൾ യേശിയാവിൻ്റെ പുസ്തകം ഇരുപത്തെട്ടിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് വിശ്വസിക്കുന്നവൻ തിടുക്കം കാണിക്കയില്ല എന്നാണ് നമ്മൾ വിശ്വാസികളായ നമ്മൾ ചില നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിൽ താല്പര്യം വരുമ്പോഴും ഈ ഒരു കാര്യം ഓർക്കണം ഇത് ദൈവത്തിൽ നിന്ന് തന്നെ ഉള്ള ഒരു ഭാരമാണോ അതോ എന്റെ തന്നെ ഉള്ള ഒരു നല്ല ആശയമാണോ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം കാത്തിരിക്കണം ദൈവത്തോട് ചോദിക്കണം വിശ്വസിക്കുന്നവൻ തിടുക്കം കാണിക്കേയില്ല അതുപോലെ സദൃശ്യവാക്യം ഇരുപത്തി ഒൻപതിൻ്റെ ഇരുപതില് നമ്മൾ വായിക്കുന്നത് തൻ്റെ പ്രവൃത്തിയിൽ ബന്ധപ്പാടുള്ള ഒരു മനുഷ്യനെ നീ കാണുന്നുവോ അവനേക്കാൾ മൂഢനെ കുറിച്ച് പ്രത്യാശയുണ്ട് അപ്പൊ തിടുക്കത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്താൽ അത് ചിലപ്പോഴ ശരിയായിരിക്കുകയില്ല നമ്മൾ ദൈവികമായ ആ നിലയില് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ശീലം ഉണ്ടാവണം യശ്യാവ് അമ്പത്തഞ്ചിന്റെ എട്ടോ ഒമ്പതോ വാക്യങ്ങളിൽ കർത്താവ് തന്നെ പറയുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമാണ് ആകാശ ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ ഉന്നതവും ശ്രേഷ്ഠവും ഫലദായകവുമാണ് അതുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങളാകട്ടെ അതൊക്കെയും നമ്മളൂന്നിയല്ല ചെയ്യേണ്ടത് നമ്മിലൂന്നി ആകുമ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ സ്വന്തം മഹത്വം അന്വേഷിക്കുന്ന ഒരു മനോഭാവം കാണും അല്ലെങ്കിൽ നമ്മളിലൂന്നിയാണത് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആശ്രയം സ്വന്തം ശക്തിയിലായിരിക്കും അതുകൊണ്ട് ഇവിടെ പതിനഞ്ചിൻ്റെ പതിമൂന്നിൽ പറഞ്ഞ പ്രമാണം നമുക്ക് ജീവിതത്തിൽ ഉടനീളം കൈയാളാവുന്ന ഒരു പ്രമാണമാണ് ദൈവത്തിൽ നിന്നായിരിക്കണം നല്ല കാര്യങ്ങളുടെയും ഉത്ഭവം ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഭാരം തരുമ്പോൾ നമ്മൾ അതിനായിട്ട് കാത്തിരിക്കുകയും ദൈവത്തിൽ നിന്ന് തന്നെയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നതാണ് നല്ലത് എന്ന് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മത്തായി പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനെട്ട് ക്ഷമിക്കണം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഇതായ യേശു തൻ്റെ വീണ്ടും അപ്പം അപ്പം വർദ്ധിപ്പിച്ച് പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തുന്ന മറ്റൊരു സംഭവമാണ് നമ്മൾ കാണുന്നത് ഏ ഏഴപ്പം കൊണ്ട് കർത്താവ് ശിഷ്യന്മാരെ തൃപ്തിപ്പെടുത്തി ഏഴ് ശിഷ്യന്മാരെയോട് പറഞ്ഞ് പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തി ഏഴ് വട്ടി നിറച്ചെടുത്തു അങ്ങനെയൊരു സംഭവമാണ് അതിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തൊൻപത് വരെ നമ്മളെ കാണുന്നത് നേരത്തെ ഇതേപോലെ ഒരു സംഭവം പതിനാലാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച സംഭവം ഇവിടെ ഇതാ ഏഴപ്പം കൊണ്ട് ഇവരെ പോഷിപ്പിച്ച് അവരെ പോഷിപ്പിച്ചതിന് ശേഷം ഏഴ് വെട്ടി നിറച്ചെടുക്കുന്നതും ഒക്കെയായ ഈ സംഭവം ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് നമുക്കൊരു ആത്മീയ പാഠം വളരെ വേഗത്തിൽ നമുക്കിങ്ങനെ നോക്കാം അതായത് നേരത്തെ പതിനാലാം അദ്ധ്യായത്തിൻ്റെ പതിമൂന്ന് ഇരുപത്തി ഒന്ന് വാക്യങ്ങളിലാകട്ടെ ഇവിടെ പതിനഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തി ഒൻപത് വാക്യങ്ങളിലാകട്ടെ അവിടെയൊക്കെയും ആ രണ്ട് സംഭവങ്ങളും സമാനമായ സംഭവങ്ങളാണ് ആ സമാനമായ സംഭവങ്ങളിൽ മൂന്ന് കൂട്ടരുണ്ട് ഒന്നെന്ന് പറയുന്നത് കർത്താവായ യേശു രണ്ടടത്തും കർത്താവ് എന്ത് ചെയ്യുന്നു കർത്താവിന് മനസലിവുണ്ട് ഇവിടെ കർത്താവ് പറയുന്നു എനിക്ക് അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടഴപ്പാൻ മനസ്സുമില്ല കണ്ടോ അതിൻ്റെ മുപ്പത്തിരണ്ട് ആമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ സംഭവത്തിൽ രണ്ട് സംഭവത്തിലും മൂന്ന് കൂട്ടരാണ് ഒന്ന് കർത്താവ് രണ്ട് ശിഷ്യന്മാർ മൂന്ന് പുരുഷർ ഈ മൂന്ന് കൂട്ടരിൽ നിന്നും നമുക്ക് മൂന്ന് ആത്മീയ ചിന്തകൾ എടുക്കാനായിട്ട് കഴിയും ഒന്നെന്ന് പറയുന്നത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടിടത്തും ഈ പുരുഷാരത്തോടുള്ള മനസ്സലിവാണ് പ്രകടമാകുന്നത് നമുക്കും ഇവരെ കുറിച്ച് നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കും മറ്റുള്ളവരെ കുറിച്ചൊരു മനസ്സലിവുള്ളവരായിരിക്കണം ശിഷ്യന്മാരെ സംബന്ധിച്ചോ രണ്ടിടത്ത് ശിഷ്യന്മാരെന്തായിരുന്നു അവർക്ക് ഈ കാര്യം നടക്കുമെന്ന് വലിയ ഉറപ്പില്ല അവരെ ചില കണക്കുകൂട്ടലുകളൊക്കെയാണ് പറയുന്നത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോഴും ഇത്രയും കൊണ്ട് ഇത്ര പേർക്ക് മതിയാകുമോ എന്നൊക്കെയുള്ള കണക്കുകൂട്ടല്ല അവർ കർത്താവിൽ നിന്ന് പലതും കണ്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് കർത്താവിനെ വേണ്ടതുപോലെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ ശിഷ്യന്മാരുടെ പരാജയത്തിൽ നിന്ന് നമുക്കെടുക്കാവുന്ന ചിന്ത എന്താ നമുക്കെടുക്കാവുന്ന ചിന്ത നമുക്കെന്ത് വേണം നമുക്ക് വിശ്വാസം വേണം അതുപോലെ തന്നെ പുരുഷാരം പുരുഷാരത്തോട് കർത്താവ് പറയുന്നു നിങ്ങൾ ഇരു ഇരിപ്പിൻ പതിനാലാമത്തെ അധ്യായത്തിലും നമ്മൾ ഇതേ കാര്യം ഇവരെ ഇരുത്തിയിട്ടാണ് ഭക്ഷിപ്പാനായിട്ട് ഇവർക്ക് വിളമ്പുന്നത് അങ്ങനെ ഇരുന്നവർക്ക് ഇത് കർത്താവ് വർദ്ധിപ്പിച്ചു കൊടുത്തു അവർ ഭക്ഷിച്ചു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു അവിടെ പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്ത സംഭവം ഈ സംഭവത്തിൽ പുരുഷാരം എന്താ ചെയ്യേ പുരുഷാരത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കാവുന്ന പാഠം എന്താ അവിടെ ഇരുന്നു അവര് കർത്താവ് പറഞ്ഞപ്പം ഇതേ വരെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്നതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അവരോട് പുല്ലുണ്ട് നിങ്ങളെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവർ ഇരുന്നു നമ്മളെ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നത് ഇരുന്നവർക്ക് പങ്കിട്ടു കൊടുത്തു എന്നാണ് വായിക്കുന്നത് അപ്പോ ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ഇരിക്കാത്ത വിശ്വസിക്കാത്ത ചിലരും അല്ലെങ്കിൽ അനുസരിക്കാത്ത ചിലരും പുരുഷാരത്തെ കണ്ടതിനേയുമായിരുന്നു അവർക്ക് തൃപ്തിയായോ അവർക്ക് തൃപ്തി ആയില്ല എന്നാണ് ചില വേദപണ്ഡിതന്മാർ ഈ യോഹനാൻ്റെ സുവിശേഷം ആറിൻ്റെ പതിനൊന്നുമായിട്ട് ചേർത്ത് പറയുന്നത് അപ്പം ഇവിടുത്തെ വാഴ്ത്തിയിരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു അപ്പോൾ അനുസരിച്ചവർക്കാണ് തൃപ്തി വന്നത് പ്രിയപ്പെട്ടവരെ അപ്പം പുരുഷാരത്തിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ഒരു പാഠം അനുസരണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത് മത്തായി എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ഏഴപ്പം കൊണ്ട് പുരുഷാരത്തെ പോഷിപ്പിച്ച ആ സംഭവമാണ് അതിനെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച പതിനാലാം അധ്യായത്തിലെ സംഭവമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ രണ്ടിടത്തും മൂന്ന് കൂട്ടരുണ്ട് മൂന്ന് കൂട്ടരിൽ നിന്നും നമുക്ക് ഓരോ പാഠം എടുക്കണം കർത്താവിൽ നിന്ന് എടുക്കുന്ന പാഠം എന്താ രണ്ടിടത്തും കർത്താവിന് പുരുഷാരത്തോട് മനസ്സലിവുണ്ടായിരുന്നു നമുക്കും മനസ്സലിവുണ്ടാവണം മറ്റുള്ളവരോടുള്ള മനസ്സലിവ് നമുക്കുണ്ടാവണം ശിഷ്യന്മാരെ സംബന്ധിച്ച രണ്ടിടത്തു എടുക്കാവുന്ന പാഠം എന്താ അവരെ കണക്കുകൂട്ടലാണ് അല്ലാതെ കർത്താവിനെ കടന്ന് വിശ്വസിച്ച് കർത്താവ് ഇത് ചെയ്യും എന്നൊരു ഉറപ്പ് അവർക്കുള്ളതായിട്ട് തോന്നുന്നില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ശിഷ്യന്മാരിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഒരു പാഠം എന്തെന്ന് നമ്മൾ എന്തായിരിക്കണം വിശ്വാസമുള്ളവരായിരിക്കണം ശിഷ്യന്മാരെ പോലെ സംശയിക്കുന്നവരാവരുത് മൂന്നാമത് പുരുഷാരത്തിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട പാഠം എന്താ അനുസരിക്കുന്നവർക്ക് മാത്രമേ ദൈവീക പ്രവൃത്തി കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് നമ്മൾ അനുസരണമുള്ളവരായിരിക്കണം അപ്പം നോക്കുക നമ്മൾ അനുസരണം വിശ്വാസം മനസ്സലിവ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഈ അപ്പം കൊണ്ട് പുരുഷാരത്തെ പോഷിപ്പിച്ച സംഭവങ്ങളിൽ നിന്ന് നമുക്കെടുക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവര് മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പത്തൊൻപത് മുതൽ അല്ല പതിമൂന്ന് മുതല് പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് ചിന്തിക്കാം അവിടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നു ജനങ്ങളെ തന്നെക്കുറിച്ച് മനുഷ്യപുത്രനെക്കുറിച്ച് എന്താ പറയുന്നത് എന്ന് ചോദിക്കുന്നു അതിന് അവരെ മറുപടി പറയുന്നു തുടർന്ന് കർത്താവ് തൻ്റെ സ്വന്തം ശിഷ്യന്മാരോട് ചോദിക്കുന്നു നിങ്ങൾ ആട്ടെ നിങ്ങളെന്താ പറയുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ അതിന് അതിൻ്റെ പതിനാറാമത്തെ വാക്യം പതിനാറിൻ്റെ പതിനാറ് പത്രോസ് കൃത്യമായ ഒരു മറുപടി പറയുന്നു ഷിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു യേശു അവനോട് ജഡരക്തങ്ങളല്ല അതായത് സ്വർഗസ്തനായ എൻ്റെ പിതാവ് തന്നെയാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് നീ പത്രോസ് ആകുന്നു ഈ പാറമയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കിട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന ഉത്തരം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇത് ഈ വാക്യങ്ങളാണല്ലോ പലപ്പോഴും എപ്പിസ്കോപ്പൽ സഭകള് പൗരോഹിത്യ സഭകള് പത്രോസിൻ എന്നുള്ള പത്രോസിൻ്റെ മേലാണ് സഭയെ പണിതേക്കുന്നത് സഭയുടെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് പത്രോസിനോ അങ്ങനെ പത്രോസിൻ്റെ തുടർന്ന് സഭയുടെ മേലധികാരികളായിട്ട് വന്നവർക്കുമാണ് ലഭിച്ചിരിക്കുന്നത് എന്നൊക്കെയും പറയാറുള്ളത് ഇവിടെ ആ നിലയിലല്ല നമ്മളിതിനെ കാണേണ്ടത് പതിനാറിൻ്റെ പതിനെട്ടില് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നീ പത്രോസ് ആകുന്നു നീ പത്രോസ് എന്നുവെച്ചാൽ ഗ്രീക്കിലെ പെട്രോസ് എന്നാണ് പാറ കഷ്ണമെന്നാണ് എന്നാൽ ഞാൻ സഭയെ പണിയുന്നത് ഏതിലാണ് ഈ പാറ കഷ്ണത്തിന്മേലല്ല പാറമേലാണ് ചുരുക്കത്തിൽ ഇവിടെ മലയാളത്തിലൊക്കെയുള്ള ട്രാൻസ്ലേഷനിൽ അത്രയൊരു വ്യക്തത ഇല്ലെങ്കിലും നമ്മൾ ഈ കാര്യത്തെ വ്യക്തി മൂലഭാഷയിലുള്ള കാര്യങ്ങളോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത് പത്രോസെ നീയൊരു പാറക്കഷ്ണമാണ് പക്ഷേ നീനൊക്കെ കിട്ടിയ ഈ ഏറ്റുപറച്ചിലില്ലേ അതായത് ജീവനുള്ള പുത്ര ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു എന്നുള്ള നിൻ്റെ ഈ ഏറ്റുപറച്ചിൽ നീ അതൊരു വെളിപ്പാടിനെ തുടർന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ആ വെളിപ്പാടിൻ്റെ മേലും ആ ഏറ്റുപറച്ചിലിൻ്റെ മേലും ഞാൻ എന്തു ചെയ്യും ഞാൻ സഭയെ പണിയും എന്നിട്ട് ആ സഭയിലൂടെയാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം എന്നൊക്കെയുള്ള നിലയിലാണ് ഇതിൻ്റെ താക്കോൽ ആ നിലയിൽ നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലഴിഞ്ഞിരിക്കും ഭൂമിയിൽ കെട്ട ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും എന്നൊക്കെയും പറഞ്ഞിട്ടുള്ളത് ചുരുക്കത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്നത്തെ എപ്പിസ്കോപ്പൽ സഭകള് പൗരോഹിത്യ സഭകള് ഈ വാക്യങ്ങളെ തെറ്റായി ഉപയോഗിച്ച് അങ്ങനെ ഹിമോൻ പത്രോസ് എന്ന ഒരാളിൻ്റെ മേലാണ് ഈ സഭയെ പണിതെന്നും ഒക്കെ തെറ്റായ പഠിപ്പിക്കലുകളൊക്കെ ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നെടുക്കേണ്ട ചിന്തകൾ എന്താണ് കർത്താവായി യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ആയ ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് അവിടുന്ന് ഭൂമിയിൽ വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു വെളിപ്പാട് കിട്ടുമ്പോൾ അതിൻ്റെ മേലാണ് സഭയെ പണിയുന്നത് അല്ലെ സഭാംഗങ്ങളെ ആ ഒരു വെളിപ്പാടിലും ഏറ്റുപറച്ചിലും അതിൻ്റെ മേലാണ് അവരെ പണിതെടുക്കുന്നത് എന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവോചനത്തിലെ ഈ ഭാഗങ്ങളെ മറ്റു ഭാഗങ്ങളോട് താരതമ്യം ചെയ്യുമ്പോഴും നമുക്ക് ചിന്തയാണ് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഈ നമ്മളൊരു സഭയുടെ പണിയിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പ്രധാനപ്പെട്ട കാര്യം പത്രോസിനോട് പറയുന്നുണ്ട് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഈ വെളിപ്പാട് തന്നത് നിന്റെ ബുദ്ധിയും യുക്തി ഒന്നുമല്ല നീ ഈ കാര്യം മനസ്സിലാക്കിയത് മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് തന്ന വെളിപ്പാട് റെവലേഷൻ അനുസരിച്ചാണ് നീ ഇത് മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ് യേശു ആ വെളിപ്പാടിനെ ആ നിലയില് എല്ലാറ്റിനും ഇതേ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ചൂണ്ടിക്കാട്ടുകയാണ് വെളിപ്പാടെന്നുള്ളത് ഒരു പുതിയ നിയമ പദമാണ് പഴയ ഉടമ്പടിയിൽ ആളുകൾ എന്തായിരുന്നു ഉദാഹരണത്തിന് ഒന്നാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യം നോക്കുക പഴയ ഉടമ്പടിയിലെന്താ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ പഴയ ഉടമ്പടിയിൽ ആളുകളെ വചനം പഠിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തു പോന്നു എന്നാൽ പുതിയ ഉടമ്പടിയിൽ എന്ത് വേണം പുതിയ ഉടമ്പടിയിൽ ആ വചനധ്യാനമൊക്കെ നമ്മളെ ഒരു വെളിപ്പാടിലേക്ക് നയിക്കണം നമുക്ക് തന്നെ അറിയാം നമ്മളൊക്കെ പൗരോഹിത്യ സഭകളിലും ഒക്കെ ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ മറ്റു പലയിടത്തായിരുന്നപ്പോൾ നമ്മളെക്കാളും ആ നിലയില് ജ്ഞാനമുള്ള അറിവുള്ള ആളുകൾ പലരുണ്ടായിരുന്നു പക്ഷെ അവർക്കാർക്കും എന്ത് കിട്ടിയില്ല യേശുവാണ് ജീവനുള്ള ദൈവം ദൈവത്തിൻ്റെ പുത്രൻ അല്ലെങ്കിൽ അവിടെ നിന്നാണ് പാവത്തിൻ്റെ പരിഹാരത്തിനായി വന്നത് എന്നൊരു കിട്ടിയില്ല അവരുടെ ജ്ഞാനം അവരെ സഹായിച്ചില്ല നമുക്ക് ദൈവകൃപയാൽ ആ ഒരു വെളിപ്പാട് ലഭിച്ചു അതുകൊണ്ട് വെളിപ്പാട് വളരെ പ്രധാനപ്പെട്ടതാണ് എഫ് എ ലേഖനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്റ്റൽനായ പൗലോസ് എഫ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി എഫ് എഫ് വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് പറയുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു അവിടെ അതിൻ്റെ ഒന്നാം അധ്യായം എഫ് എ സി ഒന്നിൻ്റെ പതിനേഴിൽ പൗലോസ എന്തിനു പ്രാർത്ഥിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നിൻ്റെ പതിനേഴിൽ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ പറയുന്നത് നീണ്ടു പോകുന്ന ഒരു സെൻറ്റൻസാണ് പതിനേഴ് പതിനഞ്ച് മുതൽ പത്തൊൻപതിൽ അവ അവസാനിക്കുന്നത് പത്തൊൻപതിൽ അവസാനിക്കുമ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു എന്തിനു വേണ്ടി പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ പതിനേഴിൻ്റെ അവസാനം നമ്മൾ കാണുന്നു നിങ്ങൾക്ക് വെളിപ്പാടിൻ്റെ ആത്മാവിനെ ലഭിക്കണം നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പുതിയ ഉടമ്പടിയിലേക്ക് വരാനും ഒരു വെളിപ്പാടും ഒരു ഏറ്റുപറച്ചിലും ആവശ്യമാണ് അതുപോലെ തന്നെ എന്താണ് ആ നമുക്ക് ഈ ഈ പുതിയ ഉടമ്പടിയുടെ ഈ വഴിയിൽ മുന്നോട്ട് പോകാനും ദൈവത്തെ ദൈവവചനത്തിലൂടെ പുതിയ വെളിപ്പാടുകളും ഉറപ്പുകളും നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്ക് നിൽക്കാനൊക്കെ കേവലം ജ്ഞാനം കൊണ്ടോ അറിവ് കൊണ്ടോ നിൽക്കാനൊക്കെയല്ല ദൈവം തന്നെ നമുക്ക് റെവലേഷൻ തന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടൊക്കെ ഉള്ളു ഇവിടെ നോക്ക് വേറൊരു കാര്യം കൂടെ നമുക്ക് ഇതുമായിട്ടുള്ള ബന്ധത്തിലെ ചിന്തിക്കാം അവിടെ കർത്താവ് പറയുന്നു അതിൻ്റെ പതിനാറാമധ്യായ മത്തായി പതിനാറിൻ്റെ പതിനെട്ട് പത്തൊൻപതിൽ പറയുന്നു ഞാൻ എന്തു ചെയ്യുന്നു ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും പാതാളഗോപുരങ്ങൾ ഇതിനെ ജയിക്കുന്നില്ല ജയിക്കുകയില്ല എന്ന കർത്താവ് പറയുന്നു അപ്പൊ സാധാരണ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് എന്താ പാതാള ഗോപുരങ്ങൾ പൈശാചീയമായ ശക്തികൾ അതിനെതിരെ നമ്മൾ എവിടെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ആ പൈശാചിയ ശക്തികൾ നമ്മളെ നശിപ്പിക്കാതെ നമ്മൾ പ്രതിരോധിച്ച് നമ്മൾ അതിന് അതിനെതിരെ ഒരു പ്രതിരോധം തീർത്ത് നമ്മളെങ്ങനെയെങ്കിലും ഈ ലോകത്ത് അങ്ങ് കഷ്ടിച്ചങ്ങ് ജീവിച്ചു പോകണം എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പക്ഷെ ഇവിടെ കർത്താവ് പറഞ്ഞത് എന്താ കർത്താവ് പറഞ്ഞത് സഭയെന്തോ ചെയ്യുമെന്നാ പാതാള ഗോപുരങ്ങളെ ഗോപുരങ്ങളെ അതിനെ അങ്ങോട്ടാക്രമിക്കും എന്നുള്ള നിലയിലാണ് കർത്താവ് പറഞ്ഞത് കർത്താവ് പറഞ്ഞ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാലേ നമുക്കറിയാം നമ്മൾ പൈശാചികമായ നിരന്തരമായ ആക്രമണത്തിന് മുമ്പാകെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന ഒരു സഭ എന്നൊരു ചിത്രമല്ല യേശു ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത് മറിച്ച് പാതാള ഗോപുരങ്ങളുടെ ശക്തിക്കെതിരെ പോരാടി നിൽക്കുന്ന ഒരു സഭ അങ്ങനെ ഒരു സഭയെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത് നമ്മൾ അതുകൊണ്ട് എന്ത് വേണം നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടിച്ച് ഇവിടെ അങ്ങ് ജീവിച്ചു പോകാൻ കൃപ കിട്ടണേ എന്നുള്ളതല്ല മറിച്ച് നമ്മൾ വിശ്വാസത്താൽ ഇന്ന് ശക്തികളോട് എതിർത്ത് നിൽക്കുകയും അവന്റെ കോട്ടകളെ കീഴടക്കുകയും ചെയ്യുന്നവരായിരിക്കണം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട് സാത്താന്റെ കോട്ടകളെ നമ്മൾ കീഴടക്കണം സാത്താൻ നമ്മളെ പേടിക്കണം അല്ലാതെ നമ്മൾ സാത്താനെ പേടിച്ച് നിൽക്കുന്നവരായിട്ടല്ല ആയിരിക്കേണ്ടത് സഭയെ സാത്താൻ പേടിക്കണം യാക്കോവിന്റെ ലേഖനം നാലാമധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നാം ദൈവത്തിന് പൂർണമായി കീഴടങ്ങിക്കൊണ്ട് സാത്താനെ എതിർത്ത് നിന്നാൽ സാത്താൻ നമ്മെ വിട്ടിട്ട് ഓടിപ്പോകും നമ്മെ അവൻ പേടിച്ചു പോകും യോശുവയുടെ പുസ്തകം ഒന്നാമധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം എന്താ നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്നിടമൊക്കെയും കർത്താവ് നിങ്ങൾക്ക് നൽകും എന്നാണ് ഏ അപ്പോ അവിടെയുള്ള ഭൂതഗണങ്ങളൊക്കെ അവരെ പേടിച്ചാണ് നിൽക്കുന്നത് കാരണം അവർ കാല് ചവിട്ടുന്നിടം അവരുടേതാകും നമ്മൾ ഇന്ന് ഈ ലോകത്തായിരിക്കുമ്പോൾ സാത്താൻ നമ്മളെ കണ്ട് വിറയ്ക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ സാത്താനെ കുറിച്ച് പേടിച്ച് എങ്ങനെയെങ്കിലും ഒരു പ്രതിരോധത്തിൽ കഷ്ടിച്ചു ജീവിക്കുന്നവരായിട്ടായിരിക്കരുത് നമ്മൾ നിരന്തരം പാതാള ഗോപുരങ്ങൾക്കെതിരെ പോരാടുന്നവര് സാത്താന്റെ ശക്തികൾക്കെതിരെ നിൽക്കുന്നവർ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ നമ്മൾ സാത്താന്റെ പിടിയിൽ പെട്ടവരെ അവിടെ കൊണ്ടുവരുന്നതിലാകട്ടെ ഒക്കെ നമ്മൾ സാത്താൻ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ് വേണ്ടത് സാത്താനെ ഭയപ്പെടുത്തുകയാണ് വേണ്ടത് അങ്ങനെ ഒരു സഭയെ ഈ ഭൂമിയിലായിരിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന കാര്യം കൂടെ ഇവിടെ നിന്ന് നമ്മൾ നമുക്കൊരു ചിന്തയ്ക്കായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് മത്ത എഴുതി സുശേഷം അടുത്ത അധ്യായം പതിനേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രാരംഭവാക്യങ്ങളില് മറുരൂപ മലയിലെ സംഭവമാണ് പറയുന്നത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ആ കാര്യം വിശദീകരിക്കുന്നില്ല അവിടെ ഒരൊറ്റ കാര്യം മാത്രം നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തോട് ചേർത്ത് പറയാനാണ് താല്പര്യപ്പെടുന്നത് അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ അവിടെ പത്രോസുമൊക്കെ അവരെന്താ ചെയ്തത് അവരെ കവണ് വീണ് ഭയപ്പെട്ട് കവണ് വീണ് കിടക്കുമ്പോൾ ആ സംഭവം അവസാനിക്കുമ്പോൾ യേശു ചെന്ന് അവരെ തൊട്ടു എഴുന്നേൽപ്പീൻ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു അവർ തല യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല അങ്ങനെയാണ് ആ മറുരൂപമല സംഭവം അവിടെ ആധ്യാ ആ പാരഗ്രാഫ് തീരുന്നത് പ്രിയപ്പെട്ടവരെ അവിടെ കണ്ടോ അവിടെയും യേശു എന്താ പറയുന്നത് അവരോട് നിങ്ങൾ ഭയപ്പെടണ്ട എന്നാണ് പറയുന്നത് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ പറഞ്ഞതുപോലെ ആളുകൾ വളരെ ഭയ ഭയ എന്നാൽ കർത്താവ് എപ്പോഴും ശിഷ്യന്മാരോട് പറയുന്നത് പോലെ ഇവിടെയും പറയുന്നു നിങ്ങൾ ഭയപ്പെടണ്ട എന്നാ പറയുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച പതിനാലാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ കർത്താവ് ആ കടലിന്മീതേ നടന്നു വന്ന് പടലിൽ ഉള്ള ശിഷ്യന്മാരോട് ഭയപ്പെടേണ്ട ധൈര്യപ്പെടുവീനെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചിന്തിച്ചതാണല്ലോ അവിടെ നമ്മൾ പറഞ്ഞു നാല് സുവിശേഷങ്ങളിലായിട്ട് യേശു നൂറ്റി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നു വെച്ചാൽ നിങ്ങൾ അത് ചെയ്യണം ഇന്നത് ചെയ്യരുത് ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ പറയുന്ന കർത്താവ് കൊടുക്കുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ നൂറ്റി എണ്ണമാണ് ഇതിൽ ഇരുപത് എണ്ണത്തിലെങ്കിലും കർത്താവ് ഭയത്തിനെതിരെ ഭയപ്പെടണ്ട ഭയപ്പെടരുത് ധൈര്യപ്പെടുവേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫീരുക്കളാകരുത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കാര്യം ചിന്തിച്ചതാണ് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ഇന്നും നമ്മളോട് പറയുന്നു നിങ്ങൾ ഭയപ്പെടണ്ട പതിനേഴിൻ്റെ ഏഴിൽ കർത്താവ് പറയുന്നു എഴുന്നേൽപ്പിൻ ഭയപ്പെടേണ്ട പറഞ്ഞു എന്നിട്ട് അവർ തല പൊക്കി യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല നമ്മളും കർത്താവിൻ്റെ ഈ വാക്കൊന്ന് നമ്മുടെ ആത്മാവിൽ കേട്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ യേശുവിനെ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ അല്ലാതെ ചുറ്റുപാടുകളെ പേടിപ്പിക്കുന്ന കൊറോണ വൈറസിനെ നമ്മൾ കാണുകയില്ല അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മൾ കാണുകയില്ല നമ്മൾ യേശുവിനെ മാത്രം കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഭയം മാറിപ്പോകും എന്നൊരു കാര്യം ഇവിടെ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് വരാം അടുത്ത അധ്യായം എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ അധ്യായമാണ് ഈ പതിനെട്ടാമത്തെ അധ്യായം അതിൻ്റെ തുടക്കത്തിൽ കർത്താവ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ് എന്ന് ചോദിച്ച് ഒരു ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി കണ്ടോ അന്ന് അന്നത്തെ യഹൂദ പാരമ്പര്യത്തിൽ ശിശുക്കൾക്ക് യാതൊരു പ്രാധാന്യവുമില്ലാത്ത ആ കാലഘട്ടത്തിൽ യേശു നിരന്തരം ശിശുക്കളിലേക്ക് ആളുകളുടെ ശ്രദ്ധയെ തിരിക്കുന്നുണ്ട് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം അടുത്ത അധ്യായം പത്തൊൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പതിനഞ്ച് മുതല് അതിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നോക്കുക അവിടെയും യേശു എന്തു ചെയ്യുന്നുണ്ട് ശിശുക്കളെ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ ആ ശിശുക്കളെ വിലക്കിയപ്പം യേശു പറയുന്നു പത്തൊൻപതിൻ്റെ പതിനാല് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടുക്കരുത് സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞ് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കുന്നതും അവിടെയും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കർത്താവ് നിരന്തരം തൻ്റെ ശുശ്രൂഷയിൽ ഈ ശിശുക്കളിലേക്ക് ആളുകളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഇതാ ശിശുക്കളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഈ പതിനെട്ടാമത്തെ അധ്യായത്തെ നമുക്ക് ഒരു അഞ്ച് തരത്തിലെങ്കിലും നമുക്ക് വിഭ വിഭജിക്കാം അതിൻ്റെ പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നതിൻ്റെ ആകെ നമ്മൾ എന്ത് വേണം നമ്മളെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള വഴികളാണ് കർത്താവ് പറഞ്ഞു തരുന്നത് തുടക്കത്തിൽ കണ്ടോ സ്വകരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ് ഏഹ് അത് മത്തായിയുടെ ഒരു പ്രയോഗമാണ് സ്വർഗരാജ്യം ദൈവരാജ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത് ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ് എന്ന ആ ചോദ്യത്തിനും മറുപടിയാണ് സത്യത്തിൽ ഈ പതിനെട്ടാമത്തെ അധ്യായം മുഴുവൻ ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിന് അഞ്ച് കാര്യങ്ങൾ നമുക്ക് ഈ പതിനെട്ടാം അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും പതിനെട്ടിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നതിൻ്റെ ആകെ തുക നമ്മൾ ശിശുക്കളെ പോലെ താഴ്മയുള്ളവരായിരിക്കണം നമ്മളെ ശിശുക്കളെ പോലെ നിഷ്കളങ്കരായിരിക്കണം നമ്മൾ ശിശുക്കളെ പോലെ കാര്യങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കുന്നവരായിരിക്കണം നമ്മൾ ശിശുക്കളെ പോലെ കർത്താവിൽ ആശ്രയിക്കുന്നവരായിരിക്കണം ശിശുവിൻ്റെ പ്രത്യേകതകളാണ് ഇതെല്ലാം ശിശു അമ്മയെ ആശ്രയിക്കുന്നു അമ്മ പറയുന്നത് വിശ്വസിക്കുന്നു ശിശുവിന് അവനിൽ തന്നെ ഒരു ബലമില്ല ആ ശിശു എന്താണ് അമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയാൻ അവനൊരു ആ നിലയിൽ അവന് അവന് താഴ്മയുണ്ട് അപ്പം നോക്കുക നമ്മളോട് പറയുന്നത് അതിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നത് നമ്മൾ ശിശുക്കളെ പോലെ ആയിരിക്കണം ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ശിശുക്കളെ പോലെ ആയിരിക്കണം അതിൻ്റെ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു കാര്യമാണ് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഇടർച്ചയാകരുത് എന്ന് വെച്ചാൽ നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഇടർച്ചയാകരുത് വാക്കുകൊണ്ടാകട്ടെ നമ്മുടെ നിലപാട് കൊണ്ടാകട്ടെ നമ്മൾ ദൈവത്തെ വിശ്വസിച്ച് വരുന്നവർക്ക് ഒരു ഇടർച്ചയായി മാറരുതെന്ന് അതിൻ്റെ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ പറയുന്നു അവിടെ കർത്താവ് വളരെ ഗൗരവമുള്ള പല കാര്യങ്ങളാണ് പറയുന്നത് നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളയണം രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കിടക്കുന്നത് നിനക്ക് നല്ലത് എന്നെല്ലാം പറഞ്ഞ് ആ നിലയിൽ നമ്മൾ ഒരു ഇടർച്ചയില്ലാതെ നിൽക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കണം ഈ കാര്യമാണ് പറയുന്നത് നമ്മളൊരു സാക്ഷ്യമില്ലാത്തവരാണെങ്കിൽ സഭയിലുള്ള മറ്റുള്ളവർക്കും നമ്മൾ എന്തായി പോകും ഒരു ഇടർച്ചയായി പോകും അതുകൊണ്ട് നമ്മൾ നമ്മുടെ സാക്ഷ്യം സൂക്ഷിക്കണം നമ്മുടെ കണ്ണ് അതുപോലെ തന്നെ കയ്യ് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ പ്രായോഗികമായ ചില കാര്യങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത് അതിൻ്റെ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വിശദീകരിക്കുന്നില്ല നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനത്തോടെ ഈ ഭാഗങ്ങൾ വായിച്ചാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പാട് നമുക്ക് ലഭിക്കും ആട്ടെ മൂന്നാമത് അതിൻ്റെ പത്ത് മുതൽ പതിനാല് വരെ ഏറ്റവും ചെറിയ വിശ്വാസിയെപ്പോലും തുച്ഛീകരിക്കരുത് എന്നുള്ള കാര്യമാണ് പറയുന്നത് ഏറ്റവും ചെറിയ വിശ്വാസിയെപ്പോലും തുച്ഛീകരിക്കരുത് അതിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് സഭ സഭയെന്നു പറയുമ്പോൾ അവിടെ അത് പതിനേഴാമത്തെ ശ്രദ്ധിക്കുക ഇവിടെ സഭയെന്ന് പറയുമ്പോൾ ഒരു പ്രാദേശിക സഭയാണ് സഭയെ നമ്മൾ എന്തുവേണം കേൾക്കണം സഭയാൽ സഭയെ കൂട്ടാക്കണം സഭയെ കൂട്ടാക്കാതെ അവിടെ ശാഠ്യക്കാരായിട്ടിരിക്കരുത് ഒരു പ്രാദേശിക സഭയെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത് നേരത്തെ നമ്മൾ പതിനാറാമത്തെ അധ്യായത്തിൽ പറയ പതിനാറാമത്തെ അധ്യായത്തിൽ പാതാളഗോപുരങ്ങളെ ജയിക്കുന്ന സഭ എന്ന് പറഞ്ഞപ്പം പതിനാറിൻ്റെ പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്ന സഭ ഒരു യൂണിവേഴ്സൽ ചർച്ചിനെ കുറിച്ചാണ് പതിനാറിൻ്റെ പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സാർവലൗകിക സഭയെക്കുറിച്ചാണ് സാർവത്രിക സഭയെക്കുറിച്ചാണ് പതിനാറ് പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ മത്തായി പതിനെട്ടിൻ്റെ പതിനേഴിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു പ്രാദേശിക സഭ പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ സാർവദേശീയ സഭയിൽ അംഗങ്ങളാണ് അപ്പത്തന്നെ നമ്മളെ എവിടെ ആക്കി വച്ചിരിക്കുന്നു ഒരു പ്രാദേശിക സഭയിൽ ആക്കി വച്ചിരിക്കുന്നു ആ പ്രാദേശിക സഭയിൽ ആ സഭയെക്ക് നമ്മൾ കീഴടങ്ങണം സഭയെ കൂട്ടാക്കാതെ ശാഠ്യക്കാരായിട്ട് നിൽക്കരുത് എന്നതാണ് പതിനെട്ടിൻ്റെ പതിനഞ്ച് മുതല് ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒടുവിലായിട്ട് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യത്തിൽ കണ്ടോ അവിടെ ക്ഷമയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ കർത്താവ് രൂപമയൊക്കെ പറഞ്ഞിട്ട് ആ കാര്യം വളരെ വിശദമായിട്ട് പറയുന്നു സഹോദരനോട് കലവറയില്ലാതെ ക്ഷമിക്കണം എന്നുള്ള ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് പതിനെട്ടാമത്തെ അധ്യായത്തെ നമുക്ക് അഞ്ചായിട്ട് തിരിക്കാം പതിനെട്ടിൻ്റെ രണ്ട് മുതൽ നാല് വരെ ഉള്ള ഭാഗങ്ങൾ കർത്താവ് നമ്മളോട് പറയുന്നു നാം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം ശിശുവിൻ്റെ നിഷ്കളങ്കത ശിശുവിൻ്റെ താഴ്മ ശിശുവിൻ്റെ ആശ്രയബോധം ശിശുവിനെ പോലെ ദൈവവചനത്തിലുള്ളതെല്ലാം വിശ്വസിക്കുന്ന അനുഭവം അങ്ങനെ നമ്മൾ ശിശുക്കളെ പോലെ ആകണം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നമ്മളെ ഇടർച്ച ഉണ്ടാക്കുന്നവരാകരുത് എന്നുള്ള കാര്യം നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത് പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ചെറിയ വിശ്വാസികളെപ്പോലെയും പോലും നമ്മൾ തുച്ഛീകരിക്കരുത് ചെറുതെന്ന് നമുക്ക് തോന്നുന്ന ആളുകളെ പോലും പത്താമത്തെ വാക്യം നോക്കി ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് ചെറുതെന്ന് വിചാരിക്കുന്ന വിശ്വാസികളെ പോലും നമ്മൾ എന്തു ചെയ്യരുത് തുച്ഛീകരിക്കരുത് എന്നാണ് പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു നമ്മളായിരിക്കുന്ന പ്രാദേശിക സഭയെ നമ്മൾ കേൾക്കണം സഭയെ കൂട്ടാക്കാതിരിക്കരുത് എന്ന് ഗൗരവത്തോടെ പറയുന്നു ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു നമ്മൾ കൂട്ടു സഹോദരനോട് കലവറയില്ലാതെ ക്ഷമിക്കണം കാര്യം ദൈവം നമ്മളോട് ക്ഷമിച്ചു ദൈവം നമ്മളോട് ക്ഷമിച്ചു നമ്മൾ അവിടുത്തെ ദാസന്മാരായതിനു ശേഷം ചെയ്ത തെറ്റുകൾ പോലും അത് ഒരു വലിയ ഒരു ഒരു എണ്ണം പോലെ ആണ് നമ്മളവിടെ പതിനായിരം താലന്തു പോലെ ഒരു വലിയ സംഖ്യയായിട്ടാണ് പറയുന്നത് ആ രാജാവിൻ്റെ ദാസനായതിന് ദാസനുള്ള കടമാത് അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള നമ്മുടെ തെറ്റുകൾ പോലും കർത്താവ് ക്ഷമിച്ച് തന്നത് പതിനായിരം താലന്തു പോലെയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് വേണം കൂട്ടുദാസന്മാരുടെ നൂറ് വെള്ളിക്കാശ് നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം വിട്ടുകളയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ അഞ്ച് കാര്യങ്ങൾ നമുക്ക് ഗൗരവമായിട്ടെടുക്കാം ഇതിനെല്ലാം വേണ്ടത് താഴ്മയാണ് ഒരു ശിശുവിനെ പോലെ താഴ്മയോടെ നമുക്കായിരിക്കാം അങ്ങനെയുണ്ടെങ്കിൽ ദൈവം നമ്മളെ മുന്നോട്ട് നടത്തും